അതിനാൽ അള്ളാഹുസുബഹാനഹുവറ്റാല ആരെ സന്മാർഗത്തിലാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന് ഇസ്ലാമിനായി അവൻ ഹൃദയം വിശാലമാക്കിക്കൊടുക്കും ആരെ വഴിതെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നുവോ അവന് ആകാശത്തേക്ക് കയർന്നതുപോലെ ഹൃദയം ഇടുങ്ങിയതാക്കി മാറ്റും വിശ്വസിക്കാത്തവരുടെ മേൽ അള്ളാഹുസുബഹാനഹുവറ്റ ഇപ്രകാരം മാലിന്യത്തെ നിശ്ചയിക്കുന്നു